അള്ളാഹുസുബെഹാനഹുവ ചായാലയ്ക്ക് നല്ലൊരു വായ്പ നൽകുന്നവൻ ആരാണ് അങ്ങനെയായാൽ അവനതിനെ പല മടങ്ങ് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് അള്ളാഹുസുബെഹാനഹുവ ചായാല വിഭവങ്ങൾ ചുരുക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്